മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് എപ്പോഴാണ് മനുഷ്യജീവിതം അത് ജീവിതമാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത് എപ്പോഴാണ് പറയണോ നവിന്ദേദ വിവിധാനേന കർമ്മാം മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനംഭവഭാവനം ഈ മനസ്സ് ഉണർന്ന് മനസ്സ് പ്രവർത്തിച്ച് മനസ്സ് ഉറങ്ങുന്നത് വരെയാണ് മനുഷ്യ ജീവിതം വാസ്തവത്തിൽ അർത്ഥവത്തായിത്തീരുന്നത് മനസ്സ് ഉണർന്നില്ലായെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ജീവിതം ഉണ്ടെന്ന് നമുക്കാർക്കും പറയാൻ സാധ്യല്ല ശരിയല്ലേത് ഇപ്പം മനസ്സിൽ നിന്നാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് നമുക്ക് ബോധ്യം വരുന്നത് മനസ്സുള്ളതുകൊണ്ടാണ് ഈ ശരീരത്തിലൂടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മനസ്സ് കെട്ടടങ്ങിയോ കഴിഞ്ഞു കഥ അപ്പോ മനസ്സാണ് ഇതിനെല്ലാം അടിത്തറയെങ്കിൽ ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം എന്നിവിടെ ഭാഗവതം ഓർമ്മിപ്പിക്കണം കാരണം ഭവ ഭവഭാവനം നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും കാരണം അതെല്ലാം ഇരിക്കുന്നത് മനസ്സിലാണെന്ന് നല്ലവണ്ണം ബോധിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ മനസ്സിനെയാണ് നമ്മൾ ഓരോരുത്തരും മാനേജ് ചെയ്യാൻ പരിശീലിക്കേണ്ടത് വാസ്തവത്തിൽ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിനെ നാം മനസ്സിലാക്കി അതിനെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് വിവേകത്തോടുകൂടി മനസ്സിലാക്കി അത് കൊണ്ടു നടക്കലാണ് അപ്പോ ഒഴുക്കിലൂടെ നാം ഒഴുകുമ്പോൾ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല പല അനുഭവങ്ങളും ചിലതെല്ലാം നമ്മളെ സുഖിപ്പിക്കും ചിലതെല്ലാം നമ്മളെ വേദനിപ്പിക്കും ചിലതെല്ലാം കരയിപ്പിക്കും ചിലതെല്ലാം അസ്വസ്ഥമാക്കും ചിലതെല്ലാം നമുക്ക് ധൈര്യം തരും ചിലതെല്ലാം നമ്മുടെ ധൈര്യം ചോർത്തും ഇങ്ങനെ പല പല അനുഭവങ്ങളും നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിനോടൊക്കെ ഏറ്റുമുട്ടുന്നത് ശരീരമല്ലെന്നും അതിനോടൊക്കെ ഏറ്റുമുട്ടുന്നത് എന്റെ മനസ്സാണെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കണം അനുഭവങ്ങളല്ല നമ്മളെ വീത്തുന്നതും തളർത്തുന്നതും അസ്വസ്ഥരാക്കുന്നതും അനുഭവങ്ങളോട് എങ്ങനെ ഞാൻ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്റെ ജീവിത അനുഭവങ്ങൾ അപ്പൊ നമ്മൾ പറയുകയാണ് ചുറ്റുപാട് എന്നെ തളർത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ ഭാര്യയെ മരിച്ചപ്പോ ഭർത്താവ് തളരണ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ തളരണ എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ മരണമല്ല ആ ഭാര്യയെ തളർത്തിയത് എന്ന് ആ മനസ്സ് അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത് അപ്പോ മനസ്സുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മരണം മറ്റൊരാളെ തളർത്തി വരും നേരെ ആ മനസ്സിനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ എത്രയോ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു ഈ ശരീരം തന്നെ പലപ്പോഴും ജനിച്ചു മരിച്ചിട്ടുണ്ട് ശിശുവിന്റെ ശരീരം മരിച്ചു ബാല്യം മരിച്ചു ഇങ്ങനെ ഓരോന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരവുമായി ബന്ധപ്പെട്ടവരും മരിച്ചു പോകാൻ ബാധ്യസ്ഥരല്ലേ അത് പ്രകൃതിയുടെ നിയമമല്ലേ കാലത്തിന്റെ നിശ്ചയമല്ലേ എന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊന്നും ജനിച്ചു മരിക്കാത്ത ഒരു മനസ്സ് ഇപ്പോഴും എന്റെ കൂടെയുണ്ടെങ്കിൽ മനസ്സിന് ജനന മരണങ്ങളില്ല എന്നൊരു ബോധ്യം നമുക്ക് കൈവരിക്ക മനസ്സിലാക്കാൻ സാധിച്ച് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ആര് മരിച്ചാലും ആര് മരിച്ചില്ലെങ്കിലും അവരുടെ മനസ്സും മരിക്കുന്നില്ല എന്റെ മനസ്സും മരിക്കുന്നില്ല പിന്നെ ഞാൻ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊരു ബോധ്യത്തിലേക്ക് സ്വയം ഉണരാനും ഉയരാനും തന്നെ ഉയർത്താനും സാധിക്കുന്നവരെയാണ് ഇതൊക്കെ തന്നെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ വരിയാണ് അതിനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ ശരിക്കും സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടത് ഏതായാലും ഇങ്ങനെ ആ തലങ്ങളിലേക്ക് ഉയരാൻ എന്ത് വേണം ഒരു തപസ് വേണം ഇവിടെ പ്രചേതസ്സുകളുടെ തപസ്സിനെ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ ഈ അറിവിലേക്ക് ഉയർന്നവരൊക്കെ തപസ്സ് ചെയ്തവരാണ് വെറുതെ ഇരുന്നാൽ ഈ കാര്യങ്ങളൊന്നും ബോധ്യം വരില്ലാതെ വരുകയാണ് അപ്പൊ എന്ത് തപസ്സ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ അമ്പലത്തിൽ പോയി കുറെ പ്രദക്ഷിണം വെച്ച് നാമം ചൊല്ലുന്നതും അതൊരു തപസ്സാണ് ഒരു തപസ്സിന്റെ ഭാഗമാണ് അതിനേക്കാളും സൂക്ഷ്മമായ തപസ് ശാസ്ത്രങ്ങളെ നല്ലവണ്ണം ശ്രവണം ചെയ്ത് നല്ലവണ്ണം മനസ്സിലാക്കി അതിന്റെ ദൃഷ്ടിയിലൂടെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ഒരാണായും പെണ്ണായും ഇരിക്കുന്ന വ്യക്തിത്വം ആണെന്നും പെണ്ണെന്നും പറയിപ്പിക്കുന്നതൊരു ആണും പെണ്ണുമല്ലാത്ത മനസ്സാണ് ജനനമരണമുള്ള ഈ വ്യക്തിത്വത്തിന് സത്യത്വം കൊടുക്കുന്നത് ജനനമരണമില്ലാത്തൊരു മനസ്സാണ് കാലത്തിന്റെ നിയമത്തിലൂടെ കടന്നു പോകുന്ന ഈ ശരീരം പല പ്രായങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അല്പം പോലും പ്രായം സ്പർശിക്കാത്തൊരു മനസ്സുമായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഈ ബോധമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ജീവിതത്തെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം ശരീരമല്ല നമ്മുടെ ജീവിതത്തെ കുഴപ്പമുണ്ടാക്കുന്നത് ശരീരത്തെ കൊണ്ടു മനസ്സ് തന്നെയാണ് നമുക്ക് കാണാം അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ ഭാഗങ്ങളൊക്കെ ഉപസമരിപ്പിച്ച് നമ്മൾ അഞ്ചാമത്തെ സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ് അഞ്ചാമത്തെ സ്കന്ധം പ്രിയവ്രത വംശത്തിന്റെ കഥയാണ് ഇപ്പൊ എല്ലാവരെയും ആദ്യം ദേവകൂതിയുടെ ചരിതം പറഞ്ഞു പിന്നെ ആകൂതിയുടെ ചരിതം ഒന്ന് തൊട്ടുവെച്ചു പോയി പിന്നെ പ്രസൂതി ചരിതം വളരെ വിസ്തരിച്ച് പറഞ്ഞു ദക്ഷന്റെ കഥയും അതിലുണ്ടായ കുട്ടികളുടെയൊക്കെ കഥ അതിനുശേഷം ഉത്താനപാതന്റെ ചരിതം പറഞ്ഞു ഇനി അഞ്ചാമത്തത് പ്രിയംവ്രതന്റെ കഥ പറയുകയാണ് അഞ്ചു മക്കളാണല്ലോ സ്വായംഭൂവ് മനുവിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതറി അറിയാഞ്ഞാൽ ഇത് മനസ്സിലാവില്ല എന്ന് സ്വായംഭൂവാണ് ആദ്യത്തെ മനുഷ്യപ്രജയായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ശതരൂപാദേവി അതിലഞ്ചു മക്കളുണ്ടായി മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഈ കഥകളൊക്കെ നമുക്ക് അടിസ്ഥാനപരമായ ഓർമ്മ വേണം എന്നാലേ ഇത് പറയുന്നത് മനസ്സിലാവുള്ളൂ ശരി അങ്ങനെ പ്രിയംവ്രതൻ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെയായപ്പോ അച്ഛൻ പറഞ്ഞു മോനെ കല്യാണം കഴിക്കി രാജ്യഭാരമൊക്കെ ഏറ്റെടുക്കുന്നത് ഉടനെ കുട്ടി പറയുകയാണ് അച്ഛ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല കുട്ടിക്ക് ചെറുപ്പത്തിലെ നാരദമഹർഷിയെപ്പോലുള്ള മഹാത്മാക്കളുമായി സമ്പർക്കം വന്നപ്പോ വിവാഹത്തോടൊന്നുള്ള താല്പര്യം അതുപോലെ രാജ്യഭരണത്തോടും താല്പര്യം അച്ഛനോട് പറഞ്ഞു അച്ഛ എന്നെ നിർബന്ധിക്കേണ്ട ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ഞാൻ രാജ്യ രാജ്യഭരണം ഏറ്റെടുത്ത് രാജാവാൻ പോകുന്നില്ല അതുകൊണ്ട് വേണ്ടാത്തതിനൊന്നും എന്നെ പ്രേരിപ്പിക്കരുതെന്ന് അച്ഛൻ കുറെ ഉപദേശിച്ചു നോക്കി നടക്കുന്നില്ല അവസാനം ബ്രഹ്മാവ് അങ്ങോട്ട് കടന്നു സ്വയംഭൂമിനുവിന്റെ പിതാവ് ബ്രഹ്മാവ് കുട്ടിയോട് പറയാണ് കുട്ടി നെയ് വിവാഹം കഴിക്കുന്നില്ല രാജ്യഭാരമേറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറയുണ്ടല്ലോ വാസ്തവത്തിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നത് ഒരു മനസ്സുമായിട്ടാണ് ആ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാമമുണ്ട് ക്രോധമുണ്ട് ലോപമുണ്ട് മോഹമുണ്ട് മതമുണ്ട് ബാത്സര്യമുണ്ട് എല്ലാ വികാരങ്ങളും അതിലുണ്ട് സന്ദർഭം വരുമ്പോൾ അതൊക്കെ പൊട്ടി ഉണരും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാൾ മുന്നിൽ നിന്നാൽ ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു കുട്ടി ബഹളം വെച്ചാൽ നിങ്ങളിങ്ങനെ ഭാഗവതം വായിക്കുമ്പോൾ കുട്ടി ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ദേഷ്യം എന്നുള്ളൊരു വികാരം ഉള്ളിലേക്ക് കയറി വരും എന്തിനാ അവൻ ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ഉണ്ടായിട്ട് ഫാൻ ആരെങ്കിലും ആരെങ്കിലും ഇവിടെ ഫാൻ ഓഫ് ചെയ്തൊന്നും ഇരിക്കുക കറണ്ടുണ്ട് ലൈറ്റൊക്കെ കത്തിണ്ട് ഫാൻ മാത്രം കറങ്ങുന്നില്ല അത് ഉച്ച സമയം ആ സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വരും ആരാ അത് ചെയ്തത് ഇവിടെ ആരും ഇല്ലേ ചോദിക്കാനും പറയാനും എന്താ ഇങ്ങനെ വിചാരം ഞങ്ങളിവിടെ ഭാഗവതമായി അതിങ്ങനെ ആരോടും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ നിങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും സത്യം അത് നമ്മൾ വിചാരിച്ചിട്ടുള്ള താനെ പൊങ്ങി വരുന്നതാണ് അതെന്തിനാണ് ഫാനൊന്നും ഓഫ് ചെയ്യേണ്ട നമ്മൾ ഇരിക്കുന്ന സീറ്റിലൊന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആരെങ്കിലും കയറിയിരുന്നാൽ അപ്പം തുടങ്ങി ഇറിറ്റേഷൻ ഇതാരവിടെ വന്ന് കയറിയിരിക്കാൻ പറഞ്ഞത് വേറെ എവിടെയും സ്ഥലം കണ്ടില്ലേ ഞാനവിടെ പുസ്തകം വെച്ചില്ലേ ഇതാണ് അതിന്റെ സ്വഭാവം അപ്പം നമ്മൾ വിചാരിച്ചിട്ടല്ല ആ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ഉള്ളിലുള്ള വികാരങ്ങളെങ്ങനെ തൊട്ടുണർത്തെന്ന് പറയണം കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം ഇതൊക്കെ കടന്നു വരും അതുകൊണ്ട് ഉണ്ണി ഇത് ആദ്യം തിരിച്ചറിയണം നീ കല്യാണം കഴിച്ച് കഴിച്ചു വെച്ചിട്ട് നിനക്ക് ഭാര്യ ശത്രുബന്ധമായി തീരാൻ പോകുന്നില്ല നീ ജീവിതത്തിൽ നിന്ന് പരാജിതനൊന്നും ആവാൻ പോകുന്നില്ല കാമം ക്രോധം ലോപം ഇവരെയൊക്കെയാണ് ശത്രു എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ ഭയന്നിട്ട് നീ എവിടെ പോയിരുന്നിട്ടും കാര്യമില്ല ഇവരെയാണ് നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത് പതിനെന്ത് വേണം പോയി കല്യാണമൊക്കെ കഴിച്ച് നീ രാജ്യമൊക്കെ ഭരിച്ച് എന്നിട്ട് അതിലൂടെയൊക്കെ കടന്നു അനുഭവങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ട് മനസ്സിനെ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ പക്വത പക്വതയിലേക്ക് ഉയർത്താനാണ് കുട്ടി ശ്രമിക്കേണ്ടത് അല്ലാതെ മാറി നിന്നൊരു ഒളിച്ചിരുന്നത് കൊണ്ടൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വിചാരിക്കേണ്ടതെന്ന് നമ്മളിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവരുത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല കാരണം ആരോട് ഏറ്റുമുട്ടാൻ മനസ്സ് എന്നാൽ നാലഞ്ച് ആളുകളുടെ കൂടെ ജീവിച്ചു നോക്കൂ ഒരാൾ വലത് പറയുമ്പോൾ ഒരാൾ ഇടത് പറയാം ഒരാൾ പോസിറ്റീവ് പറയുമ്പോൾ ഒരാൾ നെഗറ്റീവ് പറയാം ഒരാൾ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരാൾ ചെയ്യരുത് എന്ന് പറയാം ഒരാൾ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഒരാൾ വലുത്തോട്ട് ഇങ്ങനെയൊക്കെ കൂടി തലങ്ങും വലങ്ങുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മനസ്സിന്റെ കുഴപ്പം നമ്മൾ തിരിച്ചറിയുക അതുവരെയും നമ്മൾ അറിയില്ല പ്രിയാണ് അതുകൊണ്ട് കുട്ടി നീ വിവാഹമൊക്കെ കഴിച്ച് രാജ്യം ഭരിക്കുമ്പോൾ നീ നോക്ക് നിന്റെ മനസ്സിലെത്ര കാമുണ്ട് ക്രോധമുണ്ട് ലോപമുണ്ട് മോഹമുണ്ട് മതമുണ്ട് മാത്സര്യമുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തു പ്രിയവരതൻ മുത്തശ്ശന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു ഭാഗവതം പറയുന്നു ആദ്യം കല്യാണയെ വേണ്ടെന്ന് പറഞ്ഞാൽ വർത്തിയ പിന്നെ രണ്ട് കല്യാണം കഴിച്ചു ഇവരെയാണ് ആദ്യം തന്നെ വേണ്ടത്തെ വ്യക്തി സന്ദർഭം വരുമ്പോ അപ്പൊ ഉള്ളിലെത്ര കാമുണ്ടല്ലാതെ ഇപ്പൊ കല്യാണം കഴിക്കില്ലല്ലോ ഏതായാലും കല്യാണമൊക്കെ കഴിച്ച് അതിൽ ഏഴ് പുത്രന്മാരുണ്ടായിരുന്നാണ് കഥ ഈ കാലഘട്ടത്തിൽ പ്രിയവ്രതൻ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമിയെ ഏഴ് വട്ടം അദ്ദേഹം പ്രദക്ഷിണം വെച്ചു അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭൂമി ഉരുണ്ടതാണെന്നും ഇതിൽ ഏഴ് ദ്വീപുകളുണ്ടെന്നും ഏഴ് സാഗരങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി എന്നാണ് ഭാഗവതം പറയുന്നത് ഓരോ സാഗരത്തിന്റെയും വെള്ളത്തിന്റെ ടേസ്റ്റ് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു നമുക്ക് ഭാഗവതം ഇവിടെയൊക്കെയാണ് ആ മഹ മായിരുന്നുള്ള ഒരു കാലഘട്ടം കാലഘട്ടത്തേക്ക് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാരെ ചിന്തിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു ഉപകരണങ്ങളുമില്ലാതെ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർക്ക് മനസ്സിലായിരുന്നു സൗരയൂഥം പ്രപഞ്ചം എന്നീ വ്യവസ്ഥകളെക്കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞന്മാര് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഈ പ്രപഞ്ചം എന്ന വ്യവസ്ഥയിൽ സൂര്യനും ഒൻപത് പ്രധാന ഗ്രഹങ്ങളും പിന്നെ കോടാലകോടി നക്ഷത്രങ്ങളും മാത്രമാണോ അതും ഇതിനപ്പുറവും ഇനി സൂര്യന്മാരുണ്ടോ വേറെയും ഭൂമിയുണ്ടോ വേറെയും ചന്ദ്രനുണ്ടോ വേറെയും എവിടെയെങ്കിലും ഈ സൗരയുഥത്തിൽ എവിടെയെങ്കിലും മനുഷ്യജീവിതം ഉണ്ടോ ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വന്നിട്ടില്ല ഇന്നലത്തെ പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടിലിത പറയുന്നത് ഈ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് അപ്പുറം സൗരയൂഥത്തിന് അപ്പുറം മറ്റൊരു ഗ്രഹം കൂടി അവ്യക്തമായി അവർക്ക് കാണാൻ സാധിച്ചുവെന്നാണ് അപ്പോ നമ്മുടെ പൂർവികന്മാര് എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അനേകം കോടികള് സൂര്യന്മാര് ഈ പ്രപഞ്ച ഈ സൗരയൂഥ വ്യവസ്ഥയിലുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അതിന്റെ ബ്രഹ്മാണ്ടം എന്നൊക്കെ പൂർവികന്മാരെ വിളിച്ചിരിക്കുന്നത് ഏറെക്കുറെ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞിടത്തേക്കാണ് ശാസ്ത്രം ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുമ്പോഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നോക്കാം അവരുടെ ആ പൂർവികരുടെ സൂക്ഷ്മ ദൃഷ്ടി എത്ര ഗംഭീരമായിരുന്നു ട്ടെ അതിലേക്ക് കടക്കേണ്ടത് നമ്മുടെ വിഷയമല്ലോ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഭാഗവതം നമ്മൾ പഠിക്കുന്നത് ഏതായാലും കൂട്ടത്തിൽ അതും കൂടി മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ പൂർവികന്മാര് സൂക്ഷ്മജ്ഞാനത്താൽ കണ്ടെത്തിയത് പലതും പരമാർത്ഥമാണെന്ന് ഉപകരണങ്ങളിലൂടെ ഇന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ കേമന്മാരായിരുന്നു ഋഷീശ്വരന്മാരൊക്കെ അവർക്കൊരു ഭാഗത്തിരുന്നാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുമായിരുന്നു അതിനെന്താ കാരണം അത് നമുക്ക് പിന്നീട് നോക്കാം അങ്ങനെ പ്രിയവർദ്ധൻ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് ഏഴ് മക്കളുണ്ടായിരുന്നു പറഞ്ഞു ഏഴ് മക്കളെയും രാജ്യഭാരം ഏൽപ്പിച്ച് ഏഴ് ദ്വീപുകളേൽപ്പിച്ച് അദ്ദേഹം വാനപ്രസ്ഥത്തിന് വേണ്ടി തപസ്സിന് പോയി എന്നാണ് നമ്മുടെ പൂർവികന്മാരുടെ മറ്റൊരു മഹത്വമാർന്ന ജീവിതം എല്ലാ സുഖഭോഗങ്ങളും വേണ്ട അനുഭവിച്ച് ഒരു ദിവസം എല്ലാം തന്റെ മക്കളെ ഏൽപ്പിച്ച് അവിടെ നിന്നും വനത്തിലേക്ക് കടന്നു ഒരു ജീവിതം വനവുരി ഉടുത്തുകൊണ്ട് ഒരു ബന്ധങ്ങളുമില്ലാതെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിത രീതി നമ്മുടെ പൂർവികന്മാർ അവലംബിച്ചിരുന്നു അതെങ്ങനെ സാധിച്ചു അവർക്ക് ജീവിതത്തിലൂടെ ജീവിക്കുമ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ് ഒരു പെർമനൻസി ഇതിനില്ല എന്നുള്ളത് അപ്പൊ ജീവിതത്തിൽ പൂർണ്ണവും നിത്യവും ശാശ്വതവുമായ സുഖം സംതൃപ്തി ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകവുമായി മനസ്സിനെ ബന്ധപ്പെടുത്തിയിട്ട് കാര്യമില്ല ലോകത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി തന്നെ തന്നെ താനാക്കുന്ന ഈശ്വര ചൈതന്യവുമായി ചേർത്ത് വയ്ക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ലോക ജീവിതത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുത്ത് തന്റെ ഈശ്വരസത്തയിലേക്ക് മനസ്സുയർത്തിയവരാണവർ വളരെ ശ്രദ്ധിക്കണേ എപ്പോഴേത് മനസ്സിലാവണം രണ്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഒന്ന് മനസ്സിന്റെ അവസ്ഥയും രണ്ട് മനസ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവർക്ക് മനസ്സിലായി സയൻസ് മനസ്സിലായി എന്ന് പറയാനും മനസ്സിന്റെ അവസ്ഥയിലേക്ക് അവർ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി മനസ്സെന്ന് പറയുന്നത് അത്യന്തം ചഞ്ചലമാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നൂറായിരം കാര്യങ്ങളെ ചിന്തിക്കാൻ മനസ്സിന് സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കാം ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കാം ഇതൊക്കെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എവിടെയെങ്കിലും ഒരു റഫറൻസ് ഞാൻ അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ നിങ്ങളപ്പ അങ്ങോട്ട് പോയി ഓ എന്റെ മോൻ എവിടെയെങ്കിലും അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എണീട്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതൊരു സ്ഥലത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പം മനസ്സ് അവിടേക്ക് പോയി നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട വല്ലവരും അവിടെ ഉണ്ടെങ്കിൽ ശരിയല്ലേ സിനിമയെക്കുറിച്ച് ടിവിയെക്കുറിച്ച് പറയേണ്ട താമസമേ ഉള്ളൂ മനസ്സ് സീരിയൽ കണ്ട സീരിയലിലേക്കൊക്കെ കടന്നു പോകും മനസ്സിന്റെ അവസ്ഥ ഇതാണ് അനവസ്ഥിതെന്നാണ് ഒന്നിലും ഉറപ്പില്ല അതിങ്ങനെ ഓടിച്ചാടി നടക്കും ഒരു കുരങ്ങന്റെ സ്വഭാവമാണ് മനസ്സ് എന്ന് പറയും അങ്ങനെയുള്ള മനസ്സിനെ ചഞ്ചലമായ മനസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതും മനസ്സിലായി മനസ്സിനെ എവിടെയെങ്കിലൊന്ന് കെട്ടിയിട്ടാലേ മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിനെ നിയന്ത്രിക്കുകയല്ല മനസ്സിനെ ഒരു ഭാഗത്ത് ഉറപ്പിച്ചു വയ്ക്കുക എവിടെയാണ് ഉറപ്പിച്ചു വയ്ക്കുക അവർക്ക് മനസ്സിലായി ഒരു പശുവിനെ കുറ്റിയിൽ കെട്ടിയിടുന്നത് പോലെ മനസ്സിനെ കെട്ടിയിടണം ഒരു കുറ്റി അടിച്ചിട്ട് അതിൽ കയറുകൊണ്ട് പശുവിനെ കെട്ടിയിട്ടാൽ പശു എങ്ങോട്ടൊക്കെ ഓടിയാലും എവിടേക്കൊക്കെ നടന്നു പോയാലും ആ കുറ്റിയിൽ നിന്ന് ഒരിക്കലും പശുവിന് വേർപിട്ട് പോവാൻ സാധ്യല്ല ഇതുപോലെ അവർക്ക് മനസ്സിലായി മനസ്സ് നൂറായിരം കാര്യങ്ങളെ ചിന്തിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ മനസ്സ് എന്നിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മാത്രം വിട്ടുപോകരുത് ഭഗവത് ചൈതന്യത്തെ മറന്നു പോകരുത് ഭഗവത് സ്മരണം വിട്ടുപോകരുത് ആ പ്രേമത്തിൽ നിന്ന് മനസ്സകന്നു പോകരുത് ഇതവർ മനസ്സിലാക്കി അതുകൊണ്ട് ഭഗവാനു ഭഗവാനുമായിട്ട് മനസ്സിനെ കെട്ടിയിടാൻ അവർക്ക് എന്ന് പറയണം ഇത് രണ്ടും നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ എളുപ്പം നമുക്ക് ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സമാധാനം സ്വസ്ഥത ശാന്തി സന്തോഷം ആനന്ദം ഇതെല്ലാം ഈശ്വരനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഈശ്വരനുമായി മനസ്സിനെ കെട്ടിയിടുമ്പോഴാണ് നമുക്കിതൊക്കെ ആന്തരികമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ഇത് നമ്മൾ പരിശീലിച്ചുകൊണ്ടേയിരിക്കണം ഇതൊരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ വരുന്നതല്ല മനസ്സിങ്ങനെ പുറത്തേക്ക് പോയി പോയി പോയി പലതിനെക്കുറിച്ചും ചിന്തിച്ച് ഇനി തന്നെ തന്നെ താനാക്കുന്ന ഈശ്വര ചൈതന്യത്തെ സ്മരിക്കുന്നെങ്കിൽ അതിനിത്തിരി പരിശീലനങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാണ് ഏതായാലും ഇപ്രകാരക്കെ ഉപദേശം കൊടുത്ത് ആ പ്രിയവ്രതൻ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ അഗ്നീന്ദ്രൻ രാജ്യഭാരം ഏറ്റെടുത്തു അയാൾ തപസ്സിന് വേണ്ടി കാട്ടിൽ പോയി എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വര സാക്ഷാൽക്കാരായിരുന്നില്ലേ ഉദ്ദേശ്യം സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടണമെന്നുള്ളായിരുന്നു മോഹം അതിനുവേണ്ടി തപസ് ചെയ്തവരുണ്ട് നമ്മുടെ പൂർവികന്മാർ അവിടെ ചെന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഉടനെ ബ്രഹ്മാവ് ഒരു കാര്യം ചെയ്യുക എന്റെ അപ്സരസ് ആയിരിക്കുന്ന പൂർവജിത്തിയെ നീ വിവാഹം കഴിച്ചോളൂ അങ്ങനെ പൂർവ്വചിത്തി വിവാഹം കഴിച്ച് അതിലൊൻപത് കുട്ടികളുണ്ടായെന്ന് പറയുന്നു ആ ഒൻപത് രാജ്യം ഭാഗിച്ചു കൊടുത്ത് അദ്ദേഹവും പോയി അതിനുശേഷം നാഭി എന്ന് പറയുന്ന മൂത്ത പുത്രൻ രാജ്യം ഭരിക്കുക ഭാരതഭൂമി നാവി കല്യാണം കഴിച്ചിരിക്കുന്ന മേരുദേവി എന്ന് പറയുന്ന പുത്രിയാണ് ഒരു രാജപുത്രിയാണ് അവളിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി ആ പതിനൊന്ന് പുത്രന്മാരുണ്ടായി അതിൽ മൂത്ത ഋഷഭദേവൻ അങ്ങനെ മേരു ദേവിയും നാഭിയും പിന്നീട് തപസ്സിന് വേണ്ടി കാട്ടിലേക്ക് പോയി ഇനി ഋഷഭൻ പറയും ഋഷഭന്റെ ചരിത്രമാണ് പറയുന്നത് ഋഷഭദേവനും വിവാഹം കഴിച്ചു ആരെ വിവാഹം കഴിച്ച് അദ്ദേഹം ഇന്ദ്രനുമായി ഒരിക്കൽ ഏറ്റുമുട്ടിയെന്നും ഇന്ദ്രന്റെ പുത്രി ജയന്തിയെ വിവാഹം കഴിച്ചു എന്നാണ് കഥ അതിലദ്ദേഹത്തിന് നൂറ് കുട്ടികളുണ്ടായെന്ന് പറയുന്നു ഒരുപക്ഷെ നൂറൊന്നും ഉണ്ടാവില്ല വേറെയും ഭാര്യമാരിലൊക്കെ കൂടിയിരിക്കും ഒരു ഭാര്യ നൂറായിരുന്ന എന്തായാലും പ്രസവിക്കാൻ പോകുന്നില്ല അവരോ എക്സാഗ്രേഷൻ പറഞ്ഞായിരിക്കും വേറെയും ഭാര്യമാരുണ്ടായിരിക്കാം ഏതായാലും ആദ്യത്തെ പുത്രന്റെ പേര് ഭരതൻ എന്നായിരുന്നു ആ ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതലാണിത്രേ ഈ നാടിന് ഭാരതം എന്ന പേര് വന്നത് അതാണ് ഒരു വിവക്ഷ ഭാഗവതത്തിൽ പറയുന്നത് അതുവരെ നമ്മുടെ മണ്ണിനെ വിളിച്ചത് അജനാഭം എന്നും ആര്യാവർത്തം എന്നൊക്കെയാണ് പേര് വിളിച്ചത് ആദ്യത്തെ പുത്രൻ ഭരതൻ പിന്നീടുള്ള ഒൻപത് പേര് ചെറുപ്പത്തിലെ മഹായോഗികളും മഹാജ്ഞാനികളും ഭാഗവതോത്തമന്മാരുമായി തീർന്നു എന്ന് പറഞ്ഞ് അവരുടെ പേര് പറയാണ് കവീഹരീരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായര ആവിർഹോത്ര ദ്രുവിള ചമസ കരഭാചന ഇവരെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ടു അതുകഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സാണ് തങ്ങളുടെ ജീവിതത്തിന്റെ പരമശക്തി എന്ന് മനസ്സിലാക്കി അതിനെ പരിശുദ്ധീകരിക്കാൻ യജ്ഞഭാവനയിൽ ജീവിച്ച് ദിവസവും ഭാഗവതമൊക്കെ ശ്രവണം ചെയ്ത് മനഃശുദ്ധി നേടിയിട്ട് ബ്രഹ്മണ്യത്വം നേടി എന്ന് ഭാഗവതം പറയുകയാണ് അപ്പൊ ഇവർ ജന്മനാക്ഷത്രിയന്മാരാണ് പിന്നീട് അവർ ഇതെല്ലാം കേട്ട് ജീവിതം പരിവർത്തനം ചെയ്ത് ബ്രാഹ്മണനായിത്തീർന്നു എന്ന് ഭാഗവതം പറയുന്നു അപ്പൊ ഇതൊക്കെ നോക്കൂ നമ്മൾ നമ്മുടെ പൂർവികന്മാർക്ക് വളരെ വ്യക്തമാണ് ആരാണ് ബ്രാഹ്മണൻ എന്താണ് ബ്രഹ്മണ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് മാനസികമായിട്ടുള്ള പരിവർത്തനമാണെന്ന് നമ്മളോട് ഉറപ്പിച്ചു പറയുകയാണ് അപ്പോ ഈശ്വരനിലേക്ക് ഉയർത്തേണ്ടത് മനസ്സാണ് ശരീരമല്ല അപ്പൊ ആ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഋഷഭദേവൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്റെ നൂറ് കുട്ടികളെയും തന്റെ പ്രധാന സഭയിൽ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുന്ന ഉപദേശമാണ് ഋഷഭോപദേശം ഭാഗവതത്തിലെ അതിമനോഹരമായ ഒരു ഭാഗമാണ് അഞ്ചാമത്തെ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായമായ ഋഷഭോപദേശം കുട്ടികളോട് പറയാണ് കുട്ടികളെ ചെറിയ കുട്ടികൾ അവരോടാണ് പറയുന്നത് നായം ദേഹോ ദേഹപാചൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാമ്യേ തപോ ദിവ്യം പുത്രയേന സത്വം ശുദ്ധേതസ്മാൽ ബ്രഹ്മ ബ്രഹ്മസൗഖ്യം ത്വനന്തം കുട്ടികളെ നയം ദേഹ ഈ ദേഹം ഏത് ദേഹം മനുഷ്യദേഹം കഷ്ടാൻ കാമാൻ അർഹത ന കഷ്ടപ്പെട്ട് കുറെ കാമങ്ങൾ മാത്രം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല ഏതുപോലെ വിഡ്ഭുജാം എ വിഡ്ഭുജങ്ങളെ പോലെ പുഴുക്കളെ പോലെ അല്ലെങ്കിൽ ജന്തുക്കളെ പോലെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തപോ ദിവ്യം പുത്രകായ നസത്വം ശുദ്ധീതസ്മാൽ ബ്രഹ്മസൗഖ്യം അനന്തം എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു എന്താ നമ്മൾ ഉത്തരം പറയുക എന്താ ജനിച്ചു ജീവിക്കണോ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളായി അവരെ വളർത്തി അങ്ങനെ ഒരു ദിവസം മരിക്കണം അതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പണ്ട് വിവേകാനന്ദ സ്വാമികൾ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോവാണ് കപ്പലിൽ അപ്പൊ കൂടെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു വിദ്യാർത്ഥി വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ വളരെ വിദ്യാഭ്യാസക്കുള്ള ഒരാളാണല്ലോ ഈ കാവ്യവേഷം എടുത്തിട്ട് എന്തിനാണ് അമേരിക്കയിലൊക്കെ യാചിക്കാൻ പോകുന്നത് നാണക്കേടല്ലേ നമ്മുടെ രാഷ്ട്രത്തിന് ചീത്തപ്പേരല്ലേ ഇത് ഇങ്ങനെ തോന്നിവാസമല്ലേ നിങ്ങൾ ചെയ്യുന്നത് താങ്കൾക്കിത് കഴിച്ചു വെച്ചിട്ട് നിങ്ങളാണിച്ചാലൊരു ഇംഗ്ലീഷ് എം എ ഒക്കെ ആ കാലഘട്ടത്തിൽ പഠിച്ച ആളാണ് വിവേകാനന്ദ സ്വാമികൾ പല കോളേജിൽ ലെക്ചറോ അല്ലെങ്കിൽ ഐ പി എടുത്തിട്ട് അജാന ബാഹു വരുന്നു അദ്ദേഹം അങ്ങനെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായി തീർന്ന് രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കേണ്ട ആളല്ലേ യാചിക്കാൻ പോകേണ്ടവരാണോ വിവേകാനന്ദ സ്വാമികൾ ആ കുട്ടിയോടൊന്നും ഉത്തരം പറഞ്ഞില്ലേ അതിന് കുട്ടിയോട് തിരിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചു കുട്ടി എങ്ങോട്ടാ പോകുന്നത് പാവം പറയുന്നത് ഞാനോ ഞാൻ അമേരിക്കയ്ക്ക് പോകണം അല്ല അതെനിക്ക് മനസ്സിലായി കപ്പൽ അമേരിക്കയ്ക്കാണല്ലോ പോകേണ്ടത് അമേരിക്കയിലേക്ക് എന്തിനാണ് പോകേണ്ടതെന്ന് പവൻ പറഞ്ഞു ഞാൻ എം ബി ബി എസ് പഠിക്കാൻ പോകും ഓ അപ്പം നീ ഡോക്ടറാവാൻ പോവാണ് ഞാൻ ഡോക്ടറാവാൻ പോവുകയാണ് ഡോക്ടറായാൽ നീ എന്ത് ചെയ്യും ഡോക്ടറായാൽ പിന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങും വലിയ വലിയ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങും എന്നിട്ട് നീ എന്ത് ചെയ്യും പിന്നെ ഞാൻ കല്യാണം കഴിക്ക് സ്വാഭാവികമാണല്ലോ ഡോക്ടറായാൽ പെണ്ണ് കിട്ടുന്നല്ല വീട്ടിൽ നിന്ന് അപ്പം പറ്റിയ ഡോക്ടറാണോ നോക്കൂ ഞാൻ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ കുട്ടികളൊക്കെയാവും പിന്നെ എന്ത് ചെയ്യും അവരെയും ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവരെയും ഡോക്ടറാക്കും എന്നിട്ടെന്ത് ചെയ്യും അപ്പൊ അവർ ഡോക്ടറായി അവരൊക്കെ വളർന്ന് വളർന്ന് വളർന്ന് പിന്നെ അവരും കല്യാണം കഴിക്കും പിന്നെന്ത് ചെയ്യും അപ്പൊ ഞാൻ സ്വന്തമായിട്ടൊരു നഴ്സിംഗ് ഹോമൊക്കെ തുടങ്ങും ഞങ്ങളെല്ലാവരും കുടുംബ ബിസിനസ് ആയിട്ട് അവിടെ തുടങ്ങും പലതും അങ്ങനെ പിന്നെന്ത് ചെയ്യും അപ്പോഴേക്കും അവർ കുട്ടികൾ അവരുടെ കുട്ടികൾ വളരാൻ തുടങ്ങും എന്നിട്ട് അപ്പൊ ഞങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കാവില്ലേ പ്രായമാവില്ലേ അപ്പോഴേക്കും പിന്നെ പേരക്കുട്ടികൾ വളർന്ന അവരെ എം ബി ബി പറഞ്ഞേക്കും എന്നിട്ട് എന്ത് അപ്പോഴേക്കും ഞങ്ങൾ പ്രായായി പ്രായായി മുത്തശ്ശനും മുത്തശ്ശൻ കളവനും കളവേക്കി എന്നിട്ട് ഒരു ദിവസം മരിച്ചു പോകുന്നു അപ്പൊ ഇത് കേട്ടപ്പോ വിവേകാനന്ദ സ്വാമികൾ പറയാണ് മരിക്കാൻ എങ്ങനെയൊക്കെ സുഹൃത്തെ കഷ്ടപ്പെടണോ ഈ കടലിലേക്ക് ചാടിയ വെളുപ്പത്തിൽ നിനക്ക് ചത്ത ഇവരെ ഈ ഡോക്ടറായി കല്യാണം കഴിഞ്ഞ് കുട്ടികളെ ഡോക്ടറാക്കി നഴ്സിംഗ് ഹോം തുടങ്ങി ഇത്രയൊക്കെ ടെൻഷനൊക്കെ അനുഭവിച്ചിട്ട് വേണോ ചാവല് ദൈപ്പം ചാടിക്കോളൂ വേണേ ഞാൻ പിടിച്ചിട്ടാണ് അതിൻ്റെ കടലിലേക്ക് ഇന്ന് വേണോന്ന് ഞാൻ ചാവാൻ വേണ്ടി പോവല്ല ചാവാതിരിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു അത്രേ അപ്പൊ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മൾ ജീവിക്കുന്നത് മരിക്കുന്നത് വരെ ആനന്ദമായിട്ട് ജീവിക്കാനാണ് സന്തോഷമായിട്ട് ജീവിക്കാനാണ് എന്ന് മരണം വരും നമുക്കറിയില്ല പക്ഷെ മരിക്കുന്നത് ആനന്ദം വേണം മരിക്കുന്നത് സന്തോഷം വേണം മരിക്കുന്നത് സമാധാനം വേണം ഇതെവിടുന്ന് കിട്ടും കടയിൽ പോയാൽ ചോദിച്ചാൽ കിട്ടുമോ ഒരു രണ്ട് കിലോ ആനന്ദം തരുന്നത് എന്താ നെയ്യോ ആനന്ദം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ നെയ്യുടെ പേരാണ് ഇവിടെ നെയ്യ് കിട്ടും നെയ്യെ പോലെ തരാൻ പറ്റുമത് മനസ്സിലായില്ലേ രണ്ടു കിലോ സന്തോഷം വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് തരാൻ പറ്റുന്ന ഒരു സാധനമല്ലോ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറയാം അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും അത് ഉണ്ടാക്കണമെങ്കിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോകണം ഒരു തേനീച്ചയ്ക്കറിയാം എവിടെയാണ് തേനിരിക്കുന്നത് എന്ന് പ്ലാസ്റ്റിക് പൂവും ഒറിജിനൽ പൂവും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു തേനീച്ച പ്ലാസ്റ്റിക് പൂവിൽ ചെന്നിരിക്കുന്നത് അതിന്റെ സെൻസ് കൊണ്ട് അതിനറിയാം തേനിരിക്കുന്നത് ഒറിജിനൽ പൂവിലാണെന്ന് അല്ലേ അത് അതിൽ തന്നെ ചെന്നിരിക്കുന്നവരെയാണ് ഇതുപോലെ നിങ്ങൾ എറുമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എവിടെയാണോ മധുരം അല്പം തുറന്നു വെച്ച് നോക്കൂ നിങ്ങൾ അതിന്റെ സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററിൽ നിന്നും നടന്നുകൊണ്ട് അത് എഴുന്നുകൊണ്ട് അവിടെ എത്തിച്ചേരും അപ്പൊ അതിനറിയാം അവിടെ മധുരം ഉണ്ടെന്ന് എന്നാൽ നിങ്ങൾ പഞ്ചസാര ഭരണിയിൽ എറുമ്പിനെ പറ്റിക്കാൻ വേണ്ടിയതിൽ സാൾട്ട് നഴുതി വെച്ച് അവന് കൺഫ്യൂഷനാവൂ അവനൊരിക്കലും കൺഫ്യൂഷൻ വരില്ല അവൻ നോക്കിയിട്ട് ഓ ഞാൻ വിചാരിച്ച പഞ്ചസാരയാണെന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായി സാൾട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് സോറി ഞാൻ പോവാന്ന് പറഞ്ഞത് ഇന്നെ അവരവരെ എറുമ്പും പറഞ്ഞിട്ടില്ല അവനറിയാം ഏതാ പഞ്ചസാര ഏതാ സാൾട്ട് എന്നുള്ളത് അതുകൊണ്ട് അവന്റെ സെൻസ് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു വിവേകത്തിന്റെ സെൻസ് വേണം എന്താ സെൻസ് എവിടെയാണ് സന്തോഷം ഇരിക്കുന്നത് എവിടെയാണ് ആനന്ദം ഇരിക്കുന്നതെന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കണം മനസ്സ് പറയും കണ്ണുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലതും ഈ ഭാര്യ അടുത്തിണ്ടെങ്കിൽ സന്തോഷമുണ്ട് കേട്ടോ എന്ന് അല്ലെങ്കിൽ ഭർത്താവ് അടുത്തിണ്ടെങ്കിൽ സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ സന്തോഷമുണ്ട് ചിലർ പറയും ഓഫീസിലല്ല സന്തോഷം വീട്ടിലാണ് സന്തോഷം എന്ന് ചിലർ പറയും ഈ വീട്ടിലല്ല സന്തോഷം ഓഫീസിലാണെന്ന് ഒരു ദിവസം ഒരു ഭർത്താവ് ലേറ്റായിട്ട് ഓഫീസിലെത്തി മാനേജർ കുറെ ഫയർ ചെയ്തു നിങ്ങൾക്ക് എന്താ തോന്നിയതുപോലെ കയറി വരാൻ പറ്റും ഇതെന്താ ചന്ത പറമ്പോ ഇതെന്താ കച്ചവട സ്ഥാപനം എന്നൊക്കെ കുറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു താൻ ഇന്നിവിടെ നിൽക്കണ്ട തനിക്കിന്ന് എന്തായാലും ഞാൻ രജിസ്റ്റർ ചെയ്യില്ല താൻ ഏത് നരകത്തിൽ പോയി തൊലതാനെനിക്ക് കുഴപ്പമില്ല പോട്ടാവിടുന്ന് വന്നു പുറത്താക്കി ഇയാൾ നേരെ വീട്ടിൽ വന്നു ഉടനെ ഭാര്യ വെച്ചിട്ടുണ്ടാ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് ഞാൻ ലേറ്റായിട്ട് പോയിട്ട് മാനേജർ പറഞ്ഞു ഏത് നരകത്തിൽ പോയി തൊലതാൻ എനിക്ക് കുഴപ്പമില്ല എന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ വേറെ എവിടേക്കാണ് പോവാന്ന് മനസ്സിലായി ചിലർക്ക് നരകമാണ് വീട് ചിലർക്ക് ഓഫീസ് സ്വർഗമാണ് ചിലർക്ക് ഓഫീസ് നരകമാണ് ചിലർക്ക് വീട് സ്വർഗമാണ് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത് ഇതുണ്ടെങ്കിൽ പേരക്കുട്ടി അടുത്തുണ്ടെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ മരുമകൾ അടുത്തുണ്ടെങ്കിൽ നരകം അല്ലെങ്കിൽ അമ്മായിയമ്മ അടുത്തിണ്ടെങ്കിൽ സ്വരകം അമ്മ അടുത്തിണ്ടെങ്കിൽ നരകം ഇതിങ്ങനെ മനസ്സ് നമ്മളോട് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള അറിവിൽ നിന്നും മനസ്സിനോട് ചോദിക്കണം ഇതാണോ വാസ്തവെന്ന് വാസ്തവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം വാസ്തവം വസ്തുശിവതം വാസ്തവമായിരിക്കുന്ന സുഖം എന്ന് പറയുന്നത് ശിവതമായിരിക്കുന്ന സത്യത്തിലാണ് ഈശ്വരനിലാണെന്ന് ബോധ്യം വന്നു സുഖം സന്തോഷം ആനന്ദം ഇതൊക്കെ ഭഗവാനിലാണെങ്കിൽ വാസ്തവത്തിൽ ആരടുത്തുണ്ടെങ്കിലും ആരടുത്തില്ലെങ്കിലും എനിക്ക് സന്തോഷമായി ആനന്ദമായി സാധിക്കും ഓ ഇതും നമുക്കങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടായാലും കുഴപ്പമില്ല ആരില്ലെങ്കിലും കുഴപ്പമില്ല അത് ക്ലിക്ക് ചെയ്യാൻ നല്ല പാടാണ് കാരണം എളുപ്പത്തിലൊന്നും ഇതങ്ങോട് തലയിലേക്ക് കയറില്ല കാരണം മനസ്സ് കുറേ കാലം പറഞ്ഞ് അതുണ്ടെങ്കിൽ സുഖം ഇതില്ലെങ്കിൽ ദുഃഖെന്നാണ് മനസ്സ് പറഞ്ഞ് പരിശീലിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മാറ്റി അത് നല്ലവണ്ണം നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കണം എന്ന് അതുകൊണ്ട് കുട്ടികളെ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് അനന്തം ബ്രഹ്മസുഖം ജീവിതം ആനന്ദമാക്കി തീർക്കാനാണ് അതിനെന്ത് വേണം തപസ് ചെയ്യണം എന്ന് പറയണം ദിവ്യമായ തപസ് ചെയ്യണം അതെന്താ ദിവ്യമായ തപസ് എന്ന് പറയുന്നത് ഈ വാക്കുകൾ ശ്രദ്ധിക്കണം തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നനത്തും ഒരു വസ്തുവിനെ ചൂടാക്കും തോറും അത് പരിശുദ്ധീകരിക്കപ്പെടും ഇപ്പൊ സ്വർണം നിങ്ങൾ ചൂടാക്കും തോറും അതിലുള്ള ഒറിജിനൽ സ്വർണവും അതിൽ കലർപ്പും വേർവിട്ടു പോവും പാല് നിങ്ങൾ ചൂടാക്കും അതിൽ ചേർത്ത വെള്ളം അത് പോയിട്ട് അത് പരിശുദ്ധമായി തീരും ഏത് വസ്തു തപിപ്പിക്കുമ്പോൾ പരിശുദ്ധമായി തീരും അങ്ങനെയാണല്ലോ നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നിങ്ങൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ അഴുക്കൊക്കെ അളകിപ്പോവും എല്ലാം ചൂടാക്കും അത് ഒരുങ്ങിക്കൊണ്ട് പരിശുദ്ധീകരിക്കാൻ തുടങ്ങും ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ തപ തപിപ്പിക്കേണ്ടത് ഒരു ഗ്യാസ് ലൈറ്റർ അടിച്ചിട്ട് അതിൻ്റെ അടുത്തിരുന്നാൽ മതിയോ നമ്മൾ അല്ലെങ്കിൽ നട്ടൊച്ചയ്ക്ക് റോട്ടിലിറങ്ങി നിന്ന് ഞാൻ തപസ് എന്തിനു വേണ്ടിയിട്ട് അനന്തം ബ്രഹ്മസുഖം അനുഭവിക്കാൻ തപസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാം പിന്നെ റോട്ടിലിറങ്ങി നിന്ന് നോക്കാമെന്ന് അങ്ങനെ നമ്മളെ ചൂടാക്കിയാൽ മതിയോ അല്ലെങ്കിൽ നാലാളുകളോട് പറയാം നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ എന്നെ ഇന്ന് അതെന്തിനാണ് ദിവ്യമായ തപസ്സ് ചെയ്താലേ എനിക്ക് അനന്തം ബ്രഹ്മസുഖം കിട്ടുള്ളൂ ഒരാളെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്കൊരു ഉഷാറില്ല രാവിലെ ഇണീക്കുമ്പോഴേ ഒരു അലസത ഉന്മേഷല്ല ഊർജമില്ല ഉത്സാഹമില്ല അങ്ങൊരു മരുന്ന് ആ മരുന്ന് കഴിച്ചാൽ അപ്പൊ എനിക്ക് ഉത്സാഹം വേണമെന്ന് അങ്ങനത്തെ ഒരു മരുന്ന് തരുമെന്ന് ഡോക്ടർ പറയാണ് അതിന് മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ ബില്ല് കിട്ടുമ്പോഴേ നിനക്ക് ഉത്സാഹം കൂടുന്നു മനസ്സിലായില്ലേ അതിൽ അത്രയും ശക്തി ഉണ്ട് തന്നെ ഉത്സാഹനം തര പിന്നെ നീ തളവില്ല എന്ന് പറയുന്നത് ഇതുപോലെ നമ്മള് ഏത് തപസ്സ് ചെയ്താലാണ് നമുക്ക് ഉത്സാഹോന്മേഷമൊക്കെ കിട്ടുക ആനന്ദമൊക്കെ കിട്ടുക അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ നമ്മള് ഈ തപസ് എന്നുള്ള വാക്കിനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ ഈ ഹിരണ്യകാശ പോയി ഹിരന്യേഷന്റെ ഒക്കെ കഥ കഴിയുമ്പോൾ ഒരു കാലിന്റെ മുകളിൽ ഒരു കാല വെച്ചുകൊണ്ടൊക്കെ തപസ്സ് ചെയ്ത കഥയാണ് ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് പ്രേമത്തോടുകൂടിയുള്ള സ്മരണയ്ക്കാണ് തപസ് എന്ന് പറയുന്നത് ഇവിടെ ഭാഗവതത്തിന്റെ ദൃഷ്ടിയിലുള്ള തപസതാണ് ഒരു നിമിഷം പോലും നമ്മൾ വിടാതെ ഭഗവാൻ കൂടെയുണ്ടെന്ന സ്മരണയിൽ ജീവിക്കുകയാണ് വേറെന്തൊക്കെ മറന്നാലും ഭഗവാനെ മാത്രം മറക്കരുത് കാരണം വാസ്തവം വസ്തു അത് മാത്രമാണ് വാസ്തവമായ സത്യം അത് അതാണെപ്പോൾ കൂടെ ഉള്ളത് അതുകൊണ്ട് മനസ്സെ നീ ആരൊക്കെ മറന്നു പോയാലും ഭഗവാന്റെ സ്ഥാനം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അത് നീ മറന്നു പോകരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ദേഷ്യം വരുമ്പോ നമുക്ക് ഈ തപസ് ചെയ്യാൻ സാധിച്ചാലോ വേ ഭഗവാനെ മറക്കരുത് എന്ന് ഉടനെ മനസ്സ് പറയും ദേ ആനന്ദം ഭഗവാനിലാണ് അത് മറക്കുന്നതുകൊണ്ടാണ് ദേഷ്യം വരുന്നത് ആ തപസ് ചെയ്താൽ ആനന്ദത്തിലേക്ക് മനസ്സിനെ നയിച്ചുകൂടെ സന്തോഷത്തിലേക്ക് നയിച്ചുകൂടെ അതുപോലെ നമുക്ക് ഒരു മൂഡ് ഓഫായിട്ട് എന്തോ കാരണത്താൽ ആകെ മൂഡ് ഓഫായി നമുക്കൊരു സുഖമില്ല ആ ഒരു സമയത്ത് നമുക്ക് ഈ തപസ് സാധിച്ചാലോ ദേ മനസ്സിനെ ഭഗവാനെ മറക്കരുത് ട്ടോ ഉടനെ മനസ്സ് പറയും ദേ സന്തോഷം ഇരിക്കുന്നത് ഉത്സാഹം ആ നിമിഷം നമുക്ക് സടവോടെ ജണിയിക്കാൻ പറ്റും അപ്പൊ നമ്മളെയൊക്കെ ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കലാണ് നിങ്ങൾക്ക് കാണാം രാമായണത്തിൽ സേതുലംഘനം ചെയ്യാൻ വേണ്ടിയിട്ട് കടല് കടന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വാനരന്മാരൊക്കെ കൂടിച്ചേർന്നിരിക്കുകയാണ് എല്ലാ വാനരന്മാരും ആ കഥയുടെ പുറകോട്ട് പോയ കുറേ സമയത്ത് അതുകൊണ്ടാണ് പറയാത്തത് ആ കഥയറയിൽ നിങ്ങൾക്ക് സുഗ്രീവൻ ശാസനം കൊടുക്കും ഒരു മാസത്തിന് മുമ്പിൽ സീതാദേവിയെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തല നേടത്തുകളെ പറഞ്ഞിട്ട് വാനരന്മാർക്കൊക്കെ നിർദ്ദേശം കൊടുത്ത് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെയും അംഗതന്റെയും നേതൃത്വത്തിലൊരു സൈന്യം അങ്ങനെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തേക്ക് വരുന്നതും അവിടെ അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് സീതാദേവിയെ കണ്ടെത്താതെ ഒരു മാസത്തിന്റെ അന്ത്യശാസനം കഴിയുന്ന അവസാന ദിവസം അവരൊരു പാറയുടെ മുകളിലിരുന്നിട്ടിപ്പോ ആ ജഡായുവിന്റെ ഗതി നമുക്കുണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ജടായുവിന്റെ സഹോദരനായ സമ്പാധി വരുന്നതും ഓ കുറെ ദിവസമായി കുരങ്ങന്മാരെ കഴിച്ചിട്ടെന്നാൽ ഇവരെ അങ്ങോട്ട് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ജഡായു ജഡായു എന്നുള്ള ശബ്ദം കേട്ടപ്പോ ഏത് ജടായു എന്ത് ജടായു എന്നൊക്കെ ചോദിച്ചപ്പോ തന്റെ സഹോദരന്റെ മരണമാണ് ഇവർ പറയുന്നതെന്നും അതിന് കാരണക്കാരൻ രാവണനാണെന്ന് കരഞ്ഞപ്പോ ഉടനെ തന്നെ സടകുട ഞണീറ്റ് രാവണൻ ഏത് സീതാദേവി ദിക്കിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം കാര്യങ്ങളും അവരെ സഹായിച്ചിട്ട് പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്താൽ മതി നൂറ് യോജന വീതിയുള്ള കടല് ചാടിക്കടന്നാൽ മതി ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഓരോരുത്തരിങ്ങനെ പരസ്പരം മുഖത്തേക്ക് നോക്കി ആരാ ഇത് ചാടിക്കടക്കുക എന്ന് ഉടനെ തന്നെ ജാംബവാനാണല്ലോ ലീഡർ ജാംബവാൻ എന്ന് തന്നെ വയസ്സ് നൂറ്റി തൊണ്ണൂറെ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ചാട്ടം കൊണ്ട് ഏഴ് കടൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കടക്കാറുണ്ട് ഉടനെ ഒരു കുട്ടിക്കുരങ്ങൻ ചോദിച്ചു ഇപ്പോഴത്തെ കാര്യം പറയുമെന്ന് അന്ന് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴില്ലേ സീതയെ കൊണ്ടുവരേണ്ടത് ഉടനെ ജാമ്പോവൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ചാടിയ തിരിച്ചു വരുന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്ന് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് നടക്കുന്ന കാര്യം പറഞ്ഞിട്ട് സമയം കളയുന്നു അപ്പോൾ തന്നെ അംഗതം പറഞ്ഞു ഞാൻ ചാടാൻ പക്ഷേ ഒരു കുഴപ്പമേ അതെന്താ കുഴപ്പം അങ്ങോട്ട് ചാടാൻ പറ്റൂ എന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഈ മിണ്ടാ പറഞ്ഞു വേറൊരു കുറങ്ങം പറഞ്ഞു എൻ്റെ കൂടെ ഒരുത്തനും കൂടി ചാടുകയാണ് വെച്ചാൽ ഞാൻ ചാടാന്ന് അതെന്തിനാണ് എങ്ങാനും ഞാൻ കടലിൽ വീണാ എന്നെങ്ങോട് കൊണ്ടുവരാലോന്ന് കേല്ലേ വേറൊരു കുറയ്ക്കം പറഞ്ഞു എന്നോട് പറയേ വേണ്ട കാരണം ഞാൻ ചാടി വെടുത്തന്നേ ഉണ്ടാവുള്ളൂ എന്ന് അവസാനം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റാത്ത കാര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ജാംബവാൻ നോക്കുമ്പോ യാതൊരു തരത്തിലുള്ള ശക്തിയും അറിയാതെ തളർന്ന് അവശനായി ഒരു ഹനുമാൻ സ്വാമി ഒരു പാറയുടെ മുകളിലിരിക്കുന്നത് ജാംബവാനെ മനസ്സിലായി ഹനുമാൻ സ്വാമിക്ക് മാത്രേ ദൗത്യം ചെയ്യാൻ പറ്റുള്ളൂ നേരെ ചെന്ന് പുറകിലൊരൊറ്റ അടി വെച്ചു കൊടുത്തു ആ അടിയോടുകൂടിയിട്ട് രാ ഹനുമാൻ സ്വാമി ഉണർന്നു എന്നിട്ട് പറഞ്ഞു എന്താ ഹനുമാൻ സ്വാമി ഇങ്ങനെ തളർന്നിരിക്കുന്നത് അങ്ങ് വായുദേവന്റെ പുത്രനല്ലേ അങ്ങ് അഞ്ജലി ദേവിയുടെ പുത്രനല്ലേ ചെറിയ കുട്ടിയായിരിക്കും മുന്നൂറ് യോജന ചാടിയിട്ട് സൂര്യദേവനെ പിടിക്കാൻ പോയ ആളല്ലേ അന്നൊരു ചെറിയ തട്ട് തന്നുകൊണ്ടല്ലേ അങ്ങയുടെ പേര് ഹനുമാനായത് ശ്രീരാമസ്വാമി ദൗത്യം അങ്ങയല്ലേ ഏൽപ്പിച്ചത് അതുകൊണ്ടല്ലേ അങ്കുലിയം അങ്ങ അങ്ങയുടെ കയ്യിൽ തന്നെ തന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഹനുമാൻ സ്വാമിയെ എങ്ങനെ ഉണർത്തി ഉണർത്തി ഉണർത്തി വന്നപ്പോ പിന്നെ ജാമ്പവാ നോക്കുമ്പോൾ ഹനുമാൻ സ്വാമിയെ കാണുന്നില്ല കാണുന്നത് ഓരോ ആകാശത്തോളം വളർന്ന അജാന ബീബൽസമായ രൂപമായി ആ ആവേശം അത്രത്തോളം ഉണർത്തി വിട്ടു എന്നാണ് അങ്ങനെ ഹനുമാൻ സ്വാമി ചാടിയെന്നാണ് അപ്പൊ ഈ കഥയുടെ കഥയ്ക്ക് ശേഷം മറ്റൊരു കഥ പറയും ഒരിക്കല് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ശ്രീരാമൻ സീതാദേവിയുടെ കൂടെങ്ങനെ ഇരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി കൊട്ടാരത്തിൽ വന്നു അപ്പൊ അഗസ്ത്യ മഹർഷിയോട് രാമൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ല മഹർഷി ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടി രാവണന്റെ കൊട്ടാരമൊക്കെ തീയൊക്കെ ചുട്ട് സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വന്ന് വീണ്ടും ലങ്കയിൽ പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിജയമൊക്കെ കൈവരിച്ചു ഇത്രയും ശക്തി ആ ഹനുമാൻ സ്വാമിക്കുണ്ടായിട്ട് എന്തുകൊണ്ടേ ബാലിയെ കൊല്ലാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ല ശരിയല്ല നല്ലൊരു ചോദ്യമാണത് അന്ന് സുഗ്രീവൻ ബാലിയെ ഭയന്ന് ഋഷ്യശൃങ്ക കുന്നിന്റെ കഴിയുന്ന കാലം ആ ഭാര്യയെ വധിക്കാൻ എന്തുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ലയാണ് ഇത് കേട്ടപ്പോ അഗസ്ത്യ മഹർഷി ഈ കഥ പറയുകയാണ് പണ്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ മുകളിലേക്ക് ചാടിയപ്പോ സൂര്യദേവന്റെ അടുത്തെത്തി സൂര്യദേവനെ പിടിക്കാൻ പോകുമ്പോ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ടൊരു തട്ടുതട്ടി താഴെ വീണുവെന്നാണ് എല്ല് പൊട്ടിപ്പോയി ഹനുവിൽ തട്ട് തട്ടുതട്ടിയപ്പോഴാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നതെന്ന് ആ സമയത്ത് വായുദേവന് അത്യന്തം കോപം വന്ന തന്റെ പുത്രനെയും ഗുഹയിൽ പോയി ഒളിച്ച് എങ്ങും വായു സ്തംഭിക്കപ്പെട്ടു ആർക്കും വായു ശ്വസിക്കാൻ പോലുമില്ല ദേവന്മാരെല്ലാം വായുദേവന്റെ കാലുപിടിച്ചിട്ട് പറഞ്ഞു അങ്ങ് തിരിച്ചു വന്നില്ലേ ഞങ്ങളുടെ കാര്യം പോക്കാണെന്ന് കൊണ്ട് വായുദേവൻ പറഞ്ഞു എന്റെ പുത്രനെ ഒരു വഴിക്കാക്കാതെ ഞാൻ വരില്ല കാരണം ഈ കുട്ടി ഇങ്ങനെ നശിപ്പിച്ചില്ലേ ഈ ഇന്ദ്രന് ഇന്ദ്രനോട് എനിക്ക് പ്രതികാരം ചെയ്യുമെന്ന് അപ്പോഴേക്കും അവിടെ എത്തിയ ദേവന്മാരും അതുപോലെ ഋഷീശ്വരന്മാരും ഒരനുഗ്രഹം കൊടുത്തു ഹനുമാൻ സ്വാമിക്ക് അങ്ങയ്ക്ക് അതിമാനുഷികമായ ശക്തിയും കഴിവുകളും ഉണ്ടാവട്ടെ ചെറുപ്പത്തിലെ ഈ കുട്ടിക്ക് ശക്തി കിട്ടിയതാണ് അങ്ങനെ ഹനുമാൻ സ്വാമികൾ അസുഖൊക്കെ തിരിച്ചു വന്ന് ഹനുമാൻ സ്വാമി കാട്ടിലിങ്ങനെ നടക്കണ കാലം ഋഷീശ്വരന്മാര് വലിയൊരു യാഗം ചെയ്യയിരുന്നു ആ യാഗം ചെയ്യുന്ന സമയത്ത് ശക്തി ഭയങ്കരം അടങ്ങിയിരിക്കാൻ പറ്റില്ല ചില കുട്ടികളുണ്ടല്ലോ അടങ്ങിയിരിക്കാൻ വയ്യാത്ത സ്വഭാവമുള്ളവർ അവരെ പിടിച്ച് അടങ്ങിയിരുത്തിക്കഴിഞ്ഞാൽ ഇരുത്തിയവർ അരിത്തിയവർക്ക് ഭ്രാന്തി പിടിക്കും ആ കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അതുപോലെ ഹനുമാൻ സ്വാമിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അവിടെ ഇവിടെ കണ്ട ചപ്പും ചവറും എടുത്തുകൊണ്ടെന്നൊരു പേര് നെയ്യൊഴിക്കും സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയുടെ സ്വാഹാന്ന് ചപ്പും ചവറും എന്താ കിട്ടിയത് വെച്ചാൽ അതൊക്കെ യാഗാജ്ഞയിലേക്കിട്ട് ഇത് കണ്ടപ്പോ മഹാത്മാക്കൾക്ക് വലിയ വിഷമം തോന്നി വായുദേവന്റെ പുത്രനെ ശപിക്കാൻ പേടിയുണ്ട് മഹാത്മാക്കൾക്ക് അതുകൊണ്ട് അവരെന്ത് ചെയ്തു ചെറിയൊരു ശാപം കൊടുത്തു ശാപം എന്താണെന്ന് വെച്ചാൽ നിന്റെ ശക്തിയെ നിന്നെ ഓർമ്മിപ്പിക്കുന്നത് വരെ നീ മറന്നു പോവട്ടെ എന്നൊരൊറ്റ ശാപം ആ നിമിഷം മുതൽ ഹനുമാൻ സ്വാമി തന്റെ ശക്തി മുഴുവൻ മറന്നുപോയി രാമ അതുകൊണ്ടായിരുന്നു സുഗ്രീവന്റെ കൂടെ ജീവിക്കുമ്പോഴും ബാലിയെ വധിക്കാൻ സാധിക്കാനത് തനിക്കതിനുള്ള കരുത്തുണ്ട് എന്ന് സുഗ്രീ ബല ഹനുമാൻ സ്വാമിക്ക് ഒട്ടും തോന്നിയിട്ടില്ലയാണ് എന്നാൽ ജാമ്പവാനത് ഉണർത്തിവിട്ടപ്പോഴാണ് വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോഴാണ് പഴയ ശക്തിയിലേക്ക് ഉണർന്നു പോയത് ഇതുപോലെ ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ ശക്തിയെക്കുറിച്ച് ഭഗവത് സാന്നിധ്യത്തെക്കുറിച്ച് മറന്നുപോയി നരിയാണ് അപ്പൊ ഇവിടെ ശാസ്ത്രങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ഭാഗവതമൊക്കെ എന്താ ചെയ്യുന്നത് നമ്മളിലിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ ഭഗവാനിലാണ് സുഖം സന്തോഷം ആനന്ദം സംതൃപ്തി ഇതൊക്കെ ഇരിക്കുന്നതെന്നും നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ബോധം ചെയ്യിക്കുകയാണ് അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചത് സാന്ദ്രാനന്ദബോധം നമുക്ക് അവബോധം ഉണ്ടാക്കി തരുകയാണ് ഭഗവാൻ ഇപ്രകാരം അതുകൊണ്ട് കുട്ടികളെ നിങ്ങളെന്ത് വേണം ഈ ബോധമുണ്ടാവാൻ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മഹൽ സേവാദ്വാരമാർ വിമുക്തേ തമോദ്വാരം യോഷിതം സംഖ്യസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഹൃത സാധവോയേ വാസ്തവത്തിൽ എല്ലാറ്റിനുമുള്ള കഴിവും ശക്തിയും നമുക്കുണ്ടായിട്ടും പലപ്പോഴും ഉണരാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ കൂട്ടുകെട്ടിന് നമ്മളെ തളർത്താൻ സാധിക്കുന്നുവരിയാണ് ഒരുപക്ഷേ ഹനുമാൻ സ്വാമി ജാമ്പവാനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ജാബവാൻ ഹനുമാൻ സ്വാമിയുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ഉണർത്തിവിട്ടില്ലായിരുന്നെങ്കിൽ കഴിവുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും ഹനുമാൻ സ്വാമിക്ക് ആ കഴിവിലേക്കും ശക്തിയിലേക്കും ഉണരാൻ സാധിക്കുമായിരുന്നില്ല ശരിയല്ലേ ഒരാൾ ഉണർത്താൻ വേണം ഒരാൾ ഓർമ്മിപ്പിക്കാൻ വേണം അർജുനന് എല്ലാ കഴിവും ശക്തിയും ഉണ്ടായിട്ടും അർജുനൻ തളർന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആ ശക്തി ഉണർത്തിയില്ലായിരുന്നെങ്കിൽ അർജുനന് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല പരീക്ഷത്ത് രാജാവിന് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും ശ്രീശുഖ ബ്രഹ്മഷി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ആ ശക്തിയെ ഉണർത്തിയില്ലായിരുന്നുവെങ്കിൽ പരീക്ഷത്തിന് മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏതനുഭവങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കരുത്തും നമ്മളിലുണ്ടെങ്കിലും അതിനെ ഉണർത്തിവിടാനുള്ള ഒരു സംഘമായിട്ട് നമുക്ക് കൂട്ടുകെട്ടുണ്ടാവണം വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും തളർന്നു പോകുന്നത് കൂട്ടുകെട്ടിൽ കൂടുമ്പോഴാണ് തളർന്ന മനസ്സുമായിട്ട് കൂട്ടുകൂടുമ്പോ ഏറ്റവും ശക്തിയുള്ള മനസ്സ് പോലും തളർന്നു നല്ല മനസ്സുമായി കൂട്ടുകൂടുമ്പോ തളർന്ന മനസ്സും ഉണരും അതാണല്ലോ രക്താകരൻ എന്നൊരു കള്ളൻ വാൽമീകി എന്ന ഋഷിയെ പരിവർത്തനം വന്നത് നല്ല മനസ്സുണ്ടായിട്ടും ചീത്ത കൂട്ടുകെട്ടിൽ പെടുമ്പോ തളർന്നു പോവും അനുഭവം മഹാഭാരത യുദ്ധം കാണാം കർണനെ പോലെ നല്ലൊരു വ്യക്തി ദുര്യോധനവുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ തളർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഏത് കൂട്ടുകെട്ടിൽ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് മുഖ്യം അപ്പൊ നമ്മളോട് ചോദി നമ്മൾ സ്വയം ചോദിക്കുക പറയുകയാണ് അല്ല എന്റെ വീട്ടിലുള്ള കൂട്ടുകെട്ട് അങ്ങനെയൊന്നും നന്നല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്നെ ഉണർത്താൻ സാധിക്കുകയാണ് അതുകൊണ്ട് ഭാഗവതം പറയുന്നു ഭാഗവതവുമായി കൂട്ടുകൂടൂ ദിവസവും ഭാഗവതത്തെ സ്മരിക്കൂ ദിവസവും ഭാഗവതത്തെ വായിക്കൂ അങ്ങനെ ഭാഗവതവുമായി ഭഗവാനുമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ സാധിച്ചാൽ അതാണല്ലോ ഗാന്ധിജിക്കൊക്കെ പ്രചോദനം കൂടെയുള്ളവർ തീട്ടും ഗാന്ധിജി തളരാതിരുന്നതല്ലേ കാരണം ഇപ്പോ ഗാന്ധിജിയുടെ പേരിൽ ദണ്ഡിയാത്ര നടന്നുകൊണ്ടിരിക്കും എന്ത് യാത്ര എനിക്കറിയില്ല ഗാന്ധിജി ദണ്ഡിയാത്രയെ നടത്തിയത് ആ സമയത്ത് ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതിന്റെ പിന്നിലൊരു മനോഹരമായൊരു കഥയുണ്ട് ഗാന്ധിജി തലേ ദിവസം എല്ലാവരെയും കൂടി കൂടിയാലോചിച്ചു ദണ്ഡിയാത്രയ്ക്ക് പോകേണ്ട കാര്യത്തെക്കുറിച്ച് തൊണ്ണൂറ്റിയൊൻപത് പേര് അതിൽ പങ്കെടുത്തതിൽ ഗാന്ധിജിയെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും വലിയ വിജയം കൈവരിക്കാൻ സാധ്യല്ല അതൊക്കെ വേണ്ടാത്ത തീരുമാനങ്ങളാണ് അതുകൊണ്ട് അതിൽ നിന്നും പുറപ്പെടാതിരിക്കുക നല്ലതെന്ന് ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ടതൊക്കെ കേട്ട് ഒരു മറുപടിയും പറഞ്ഞില്ല ഒരു ഉത്തരവും പറഞ്ഞില്ല പിറ്റേ ദിവസം ഗാന്ധിജി തന്നെ എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു ദണ്ഡി യാത്ര എന്നത് ഈശ്വര ഞാൻ കാണുന്നു നിങ്ങൾക്ക് സഹകരിക്കാം സഹകരിക്കാതിരിക്കാം എന്നെ സംബന്ധിച്ച് അതൊരു ദൗത്യമാണ് എന്നെ സംബന്ധിച്ച് അത് ആളുകളിൽ ആവേശമുണ്ടാക്കാനുള്ളതാണ് എൻ്റെ ജന്മാവകാശമാണ് ഒപ്പെടുക്കുക എന്നുള്ളത് നിങ്ങൾ തടഞ്ഞാലും ഗാന്ധിജിയെ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഞാൻ നിശ്ചയിച്ചു ഞാനിത് ഇറങ്ങുന്നു പട്ടാളക്കാർ തോക്ക് ചൂണ്ടിക്കൊണ്ട് തൻ്റെ നേരെ വരുമ്പോഴും വന്നാലും താൻ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞ് ഗാന്ധിജി ഒരടിവെച്ചു ഗാന്ധിജി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കാണുന്നത് ആരൊക്കെ തന്നെ എതിർത്തുവോ ആരൊക്കെ തന്നെ വിമർശിച്ചുവോ അവരും അവൻ്റെ ലക്ഷക്കണക്കിനാളുകളും തൻ്റെ പിന്നിൽ വരുന്നതായിട്ടാണ് ഗാന്ധിജി അവിടെ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ദണ്ഡിയാത്രയോടനുബന്ധിച്ച് അവരോട് പറയും നമ്മുടെ ജീവിതത്തിൽ ഒരു കാൽവെപ്പ് നാം നടത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ചാലും ഒരിക്കലും കാലുകൾ പിന്നോട്ടെടുക്കരുത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അത് ജീവിതത്തിന്റെ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കേണ്ട ഒരു പുസ്തകമുണ്ട് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതിവെച്ചിരിക്കുന്നു സത്യാന്വേഷണ പരീക്ഷണ കഥ പലപ്പോഴും പല പരീക്ഷണങ്ങൾ വരുമ്പോഴും പതരാതെ മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തത് ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെയാണ് നതിലദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് വാസ്തവത്തിൽ സൽസംഘം നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് പറയുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ചു നേരമൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുട്ടികളൊന്നും തളരുന്നവരാവില്ല അവർക്കും ജീവിതത്തിൽ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടായിരിക്കും എന്നിട്ട് പറഞ്ഞു ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പം പഠിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് വേറെ ഒന്നും ഉണ്ടാവില്ല പരാപവത്താവതവബോധജാതോ യാവൻ അധിജ്ഞാസത ആത്മതത്വം യാവൽക്രിയാതാപതിതം മനോവൈ കർമാത്മകം ഏന ശരീരബന്ധ കുട്ടികളെ അവനവനെക്കുറിച്ച് അവനവന് അവബോധമില്ലാത്തടത്തളം കാലം അവനവന്റെ മനസ്സിനെക്കുറിച്ചും അവനവനിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെക്കുറിച്ചും അവനവന് ബോധമില്ലാത്തടത്തളം കാലം പരാഭവം നമുക്ക് പരാതികൾ ഉണ്ടായേ പറ്റുള്ളൂ കംപ്ലയിന്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും നമ്മളൊക്കെ മിനി കംപ്ലയിൻറ്റ് ബോക്സുകളായിരിക്കും എന്നും പരാതികൾ പരാതിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല അതവിടെ ശരിയേ ഇല്ല ഇതിവിടെ ശരിയേ ഇല്ല അവൻ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല ഇവൻ ഇങ്ങനെ പറഞ്ഞ് ശരിയല്ല അവൾ നാവെടുത്ത നവളേ പറയുള്ളൂ ഇവൻ നാവെടുത്ത സത്യേ പറയുള്ളൂ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എത്ര കാലം ഈ പരാതി പറയും അവനവൻ്റെ മനസ്സിനെക്കുറിച്ചും അവനവനരിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ചും അറിയാത്തടത്തളം കാലം അത് ഓർമ്മയിലിരിക്കാത്തടത്തളം കാലം പരാതികൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല മനസ്സിൻ്റെ ദൗർബല്യമാണ് പരാതികൾ പറയുന്നത് ഏത് ദുഃഖത്തിലും നന്മ കാണാൻ സാധിക്കുക എന്നത് ശക്തിയാണെന്ന് പറയുകയാണ് അങ്ങനെ മനസ്സിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നമ്മൾ നമ്മളായിട്ട് തളർത്തില്ല എന്നത് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കംപ്ലയിന്റ് ബോക്സുകളാവരുത് പിന്നെന്ത് വേണം ബോധത്തിൽ ജീവിക്കൂ നിങ്ങൾ ഞാൻ ആരോട് പരാതി പറയുന്നു ചെണ്ട പോയി മദ്ദളത്തോട് പരാതി പറയുന്നത് പോലെ ചെണ്ട പരാതി പറഞ്ഞ് നിങ്ങൾ കിട്ടിയിട്ടില്ലേ ചണ്ട പറയാണ് മദ്ദളത്തോട് കണ്ടില്ലേ മദ്ദള ആ മാരാർ എന്റെ ഒരു പുറം പൊളിക്കുന്നു എത്ര വേദനയാണ് എനിക്ക് എത്ര ദുഃഖമുണ്ട് എനിക്ക് കാശയാൾക്കും തല്ലെനിക്കുന്ന മദ്ദളം പറയാണ് നീ എത്ര ഭാഗ്യവാനാണ് നിന്റെ ഒരു പോറല്ലേ ആരാരെ തല്ലുന്നുള്ളൂ എന്നെ രണ്ടു പോറാണ് അയാൾ അടിച്ചു വിളിക്കുന്നത് ഞാൻ എത്ര വേദന അനുഭവിക്കുന്നു ഇതാണ് വാസ്തവം ആരെടുത്താണോ നമ്മൾ പരാതി പറയാൻ പോകുന്നത് അവർക്ക് നൂറിലധികം പരാതിക്കാരാണ് നമ്മളടുത്ത് ഇങ്ങോട്ട് പറയാൻ നിൽക്കുകയാണ് ഓ നിങ്ങൾക്കൊരു ദുഃഖല്ലേ ഉള്ളൂ എന്ന് എനിക്ക് നൂറ് ദുഃഖങ്ങളുണ്ട് എന്നാണ് അവർക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് കുട്ടികളെ ആരെടുത്തും പോയി പരാതിയൊന്നും പറയേണ്ട വിഷമങ്ങൾ പറയണ്ട വിഷമങ്ങളൊക്കെ സ്വയം ചോദിക്കുക ഇതൊക്കെ മനസ്സിലുണ്ട് എന്തുകൊണ്ട് വിഷമങ്ങളൊക്കെ വരുന്നു ഈശ്വരനെ മറക്കുന്നത് കൊണ്ടല്ലേ ഭഗവാൻ എപ്പോഴും ആനന്ദസ്വരൂപനായിട്ട് എപ്പോഴും ഉത്സാഹം തരുന്നവനായിട്ട് കൂടെ ഉണ്ടായിട്ട് മറക്കുന്നത് പരാതികളൊക്കെ അതിനോട് നമ്മൾ പോയി നഞ്ചത്തടിച്ചിട്ട് അറിയോ നോക്കൂ എന്തൊരു ജീവിതം എങ്ങനെയായി പോയാലോ നമ്മൾ പറയില്ല കാരണം നമുക്കറിയാം യാതൊരു വികാരങ്ങളും പയാളിലിത് ഈശ്വര ചൈതന്യവും അയാളുടെ മനസ്സും ഉണർന്ന് പറത്തി പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ പരാതി പറയുള്ളൂ ഉറങ്ങിക്കിടക്കുന്നവരോട് ആരെങ്കിലും പോയി പരാതി പറയാറുണ്ടോ ഇല്ല ഉറങ്ങിക്കിടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം പരാതി തോന്നും നിങ്ങൾക്ക് ഉറക്കം കിട്ടണമല്ലോ എനിക്ക് ഉറക്കം കിട്ടണമില്ലല്ലോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പറയും ടേയ് നിങ്ങളെന്തങ്ങനെ സുഖമായിട്ട് കിടക്കണമെന്ന് എനിക്കെന്താ ഉറക്കം കിട്ടാത്തത് ഉറങ്ങിക്കിടക്കുന്നവരോട് ആരും പരാതി പറയാറില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളൂ നിങ്ങൾ മനസ്സ് ആരോട് പരാതി പറയുന്നോ ആ മനസ്സ് പരാതി പറയാൻ തളർച്ച നമ്മൾ മനസ്സിനെ തളർച്ചയിലേക്ക് നമ്മൾ തന്നെ നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നിലിരിക്കുന്ന ഭഗവത് സാന്നിധ്യത്തെ സ്മരിക്കുമ്പോഴേ അതിൽ നിന്ന് മുക്തമാവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയുന്നു കുട്ടികളെ ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ലോക സ്വയം ശ്രേയസ ദൃഷ്ടി യോ അർത്ഥാൻ സമീയേത യോ അർത്താൻ സമീഹേത നികാമകാമാ അന്യോന്യവൈര സുഖലേശേതോ അനന്ത ദുഃഖം നജവേദമൂട ഈ ലോകം എന്ന് പറയുന്നത് താരതമ്യത്തിന്റെ ലോകമാണ് നമ്മുടെ സുഖം എപ്പോഴും നിൽക്കുന്നത് മറ്റുള്ളവരെ താരതമ്യം ചെയ്യാനായിരുന്നു നമ്മൾ അടുത്ത വീട്ടിൽ നോക്കിയിട്ട് പറയാണ് ഓ ആ ശേഖരൻകുട്ടിയുടെ കാര്യം ഒന്ന് അയാൾക്ക് എത്ര സുഖമുണ്ട് എനിക്ക് അത്രയൊന്നും സുഖമില്ലല്ലോ നമ്മളിവിടുന്നാ പറയുന്നത് അയാളുടെ ഭാര്യ എത്ര നന്നായിട്ട് അയാളോട് പെരുമാറുന്നത് എന്റെ ഭാര്യയെ കണ്ടില്ലേ ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഞാൻ എൻ്റെ തലയിൽ വെച്ച് കെട്ടിയതെന്ന് അവിടെ ഇവിടുന്ന് ഭാര്യ പറയും നോക്കൂ അപ്പുറത്ത് അയാൾ എത്ര നന്നായിട്ട് ആ ഭാര്യയോട് പെരുമാറുന്നത് എന്റെ നിങ്ങൾ ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് സ്നേഹത്തോട് എപ്പോഴെങ്കിലും നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഒരിക്കലൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ പല വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഈ ഭക്ഷണം ഇത്ര നല്ലൊരു ഭക്ഷണം പടുത്ത കാലത്തൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ആ അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങി പക്ഷെ എന്തിനാ കരയുന്നത് എന്ന് വെച്ചപ്പോ പറയണ സ്വാമി മുപ്പത് വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലം എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെറുതെയല്ലയാൾ പറയാഞ്ഞത് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ ഒന്ന് വൃത്തിയില്ല തുറന്ന് പറയാൻ വെറുതിയില്ല മുപ്പത് വർഷമായി അതേ ഇങ്ങനെ നന്ദിയിടുന്ന സ്നേഹത്തിന്റെ വാക്കുകളെയും പറഞ്ഞിട്ടില്ല സ്വാമിയെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് നമ്മൾ നിവൃത്തിയില്ലാത്തതോട് പറഞ്ഞതാണ് അവർക്കറിയുന്നില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞതാണ് ഇതാണ് അവസ്ഥ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്നേഹം സന്തോഷം അപ്രിസിയേഷൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവരാണ് പ്രിയല്ല അപ്പോ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ വെറുതെ അടിച്ചോളാം സത്യത്തിൽ നന്നായിരുന്നു അവരുണ്ടാക്കിയത് അങ്ങനെ അവര് ആ ഒരു ജീവിതത്തിന്റെ അനുഭവം നോക്കൂ ഇതാണ് ലോകം പറയുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്നു നല്ലത് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു പറയുകയാണ് ചിലർക്ക് അത് കൊടുക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല ചിലർ കുറ്റം മാത്രമേ കാണുള്ളൂ ചില ആളുകളുണ്ട് എന്ത് കിട്ടിയാലും കുറ്റമുള്ളൂ ഒരാളുണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കുറ്റം കാരണം ഭാര്യ ഒഴിവാക്കിപ്പോയാലേ അങ്ങനെ അയാൾ വെപ്പിനൊരാളെ വെച്ചു അയാളെ ഭക്ഷണമൊക്കെ കൊടുക്കും അപ്പൊ പറയും ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുക ഇത്രയാണോ ഇങ്ങനെയൊക്കെ അതിൽ പൊടിയിടാൻ പാടു ഉപ്പിടാൻ പാടു ഇത്ര മുളകിടാൻ പാടൂ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഉടനെ തന്നെ ഇദ്ദേഹം പറയില്ല അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിറന്നാൾ വന്നൊരു ദിവസം അപ്പൊ ഈ വെക്കുന്ന ആൾ വിചാരിച്ചു നന്നായിട്ട് ഇത്തിരി സാമ്പാറും കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതിനെ മനസ്സിൽത്തി ശ്രദ്ധയോടുകൂടിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ സാമ്പാർ വിളമ്പുമ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് സാമ്പാർ എന്ന് വായടുത്ത് വിട്ടുന്ന തെൽഭൂ ഇങ്ങനെയാണ് സാമ്പാറുണ്ടാക്കുന്നത് പോലെ പട്ടിക്കും പന്നിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യൻ കഴിക്കും ഇങ്ങനത്തെ സാമ്പാർ എന്ന് ആ വെക്കുന്ന ആൾക്കാങ്ങോട്ട് കലി പിടിച്ചു അയാൾ പറഞ്ഞു എന്നാൽ കുറച്ചും കൂടി അങ്ങേക്ക് വിളമ്പട്ടേ എന്ന് കാരണം പട്ടിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കഴിക്കാൻ യോഗ്യങ്ങളായിട്ടാണ് ഇതാണ് ആളുകളുടെ സ്വഭാവം ചിലർക്ക് അങ്ങനെയാണ് എന്ത് കിട്ടിയാലും പരാതിയുള്ളൂ അപ്പൊ കുട്ടികളെ ലോകം എന്ന് പറയുന്നത് താരതമ്യത്തിന്റെ ലോകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും അടുത്ത ആളുടെ സുഖം കാണുമ്പോൾ നമുക്ക് തോന്നും അതില്ല എനിക്ക് എന്നുള്ളത് അടുത്ത ആളുടെ ദുഃഖം കാണുമ്പോൾ അപ്പോഴും സന്തോഷം തോന്നും അതെന്താണ് അത്ര ദുഃഖം ഇല്ലല്ലോ എന്ന് അയാൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഇതാണ് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ അന്യോന്യ വൈര്യം ആളുകളുടെ ഉള്ളിലൊക്കെ അസൂയാണ് നിറഞ്ഞിരിക്കുന്നത് സുഖലേശഹേദം വാസ്തവത്തിൽ യഥാർത്ഥ സുഖം അനുഭവിക്കാനല്ല അവർ പരിശ്രമിക്കുന്നത് പിന്നെയോ അനന്ത ദുഃഖം ദുഃഖം മാത്രമാണ് അനുഭവിക്കാൻ അവർ പരിശീലിക്കുന്നത് അപ്പൊ നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടവരല്ല ആനന്ദം അനുഭവിക്കേണ്ടവരാണെങ്കിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതിരിക്കാൻ നെവർ കമ്പയർ വിത്ത് എനിബഡി എന്നാണ് നമ്മളെപ്പോലെ ഈ ലോകത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വേറൊരാള് ജീവിച്ചിരിക്കുന്നില്ല പിന്നെ നമ്മുടെ ജീവിതം നമ്മളല്ലേ ജീവിക്കുന്നത് നമ്മൾ മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട് അവരുടെ കാര്യം അവർക്കേ അറിയില്ലോ എത്രമാത്രം സുഖമുണ്ട് നമുക്കറിയാം ഇവിടുന്ന് നോക്കുമ്പോൾ ഒരാള് എന്താണ് എം ആയിട്ട് അല്ലെങ്കിൽ മിനിസ്റ്ററൊക്കെ ആയിട്ട് കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഓ അയാൾ എത്ര സുഖമാണ് അനുഭവിക്കുന്നത് പോലീസുകാരായ പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യണോ എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കുക അയാളോട് അപ്പൊ അയാൾ പറയും ജീവിതത്തിൻ്റെ അനുഭവം എന്താണെന്നുള്ളത് ഒരു മുസ്ലിം മിനിസ്റ്റർ മിനിസ്റ്ററായപ്പോ അയാളുടെ ബന്ധുക്കൾ പറയണം ഹോ ആചാരുടെ ഒരു കാര്യം കേമൻ തന്നെയാണ് നാലാം ക്ലാസ് പഠിച്ചിട്ട് മിനിസ്റ്ററാവാൻ പറ്റിയില്ലേ അതും ഐ പി എസ് കാര് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ സെല്യൂട്ട് ചെയ്യുമ്പോൾ ഐ എ എസ് കാരൊക്കെ സല്യൂട്ട് ചെയ്യുമ്പോൾ ഹൗ എന്റെ ആചാര്യ ജീവിതത്തിൽ ഇങ്ങനെയൊരു സ്വർഗം നിങ്ങളല്ലാതെ പിന്നെ അവരനുഭവിച്ചിട്ടുണ്ടാവുക നിങ്ങളെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുക നാലാം ക്ലാസ് പാസ്സാവാത്ത നിങ്ങൾ മിനിസ്റ്ററാവെന്നുള്ളത് ഹൗ ഭാഗ്യം തന്നെയാണ് ഉടനെ ഇദ്ദേഹം പറയാണ് എടാ നിനക്കതൊക്കെ പറയാം നമ്മൾ ആ എ സി കാറിൽ ഇരിക്കുമ്പ് ജീവിയായിരിക്കും നമ്മളിങ്ങനെ സുഖിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്നാണ് നമ്മുടെ മനസ്സിങ്ങനെ പൊരിഞ്ഞു കളിക്കുക ഇനി എന്തൊക്കെയാ അവിടെ പോയി പറയാമെന്നറിയില്ല എവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിയില്ല എന്നിട്ട് ഓരോ പ്രസംഗമൊക്കെ ഇവരെഴുതി തയ്യാറാക്കും നമ്മളതെടുത്ത് വായിച്ചിട്ട് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ അതിന്റെ വിഷമത്രണ്ട് എന്നുള്ളത് ആളുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ പോകുന്ന വലിയ ഭാഗ്യം വാസ്തവമാണ് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ ഈ മിനിസ്റ്റർ ഒരിക്കലും എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് പ്രസംഗമൊക്കെ തയ്യാറാക്കിയത് അയാളോട് പറഞ്ഞു മിനിറ്റിന്റെ പ്രസംഗം തയ്യാറാക്കാൻ എന്നിട്ട് ഇദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു പ്രസംഗം ഇദ്ദേഹം കണ്ട് തുടങ്ങി ഇംഗ്ലീഷിലാണ് ഇത് പഠിപ്പിച്ചുകയാണ് രണ്ടു ദിവസം ഈ സെക്രട്ടറി എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടതെന്നുള്ളത് എങ്ങനെ രണ്ട് മിനിറ്റിന്റെ പ്രസംഗം പ്രസംഗിച്ചിട്ടും പ്രസംഗിച്ചിട്ടും തീരുന്നില്ല പത്ത് മിനിറ്റായപ്പോൾ ആളുകളൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി ഇയാൾ സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിച്ചു തന്നോട് ഞാൻ രണ്ട് മിനിറ്റിന്റെ പ്രസംഗമല്ലേ തയ്യാറാക്കാൻ പറഞ്ഞത് താൻ എന്തിന് അരമണിക്കൂറിൻ്റെ ഒക്കെ എഴുതി ഉണ്ടാക്കിയതെന്ന് പുറ അദ്ദേഹം പറയുകയാണ് സെക്രട്ടറി പറയുകയാണ് സാർ രണ്ട് മിനിറ്റിന്റെ പ്രസംഗം ഞാൻ തയ്യാറാക്കിയുള്ളൂ ബാക്കിയൊക്കെ അതിന്റെ ഫോട്ടോ സ്റ്റാർഡ് കോപ്പിയാണെന്ന് അപ്പൊ ഇതന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ സാധനം തന്നെ വായിച്ചുകൊണ്ടിരിക്കാൻ അപ്പൊ അത്രയില്ല അവർക്കുള്ള ബോധം എന്ന് പറയണം ഇങ്ങനെയാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത് അപ്പം പറയുന്നു നമ്മളൊക്കെ കമ്പയർ ചെയ്തിട്ട് ജീവിക്കുമ്പോ സ്വയം ചോദിക്കുക എന്നെയും ഈ ലോകത്തിൽ വേറെ വല്ലവരുണ്ടോ എന്റെ ജീവിതം ജീവിക്കാൻ വേറെ വല്ലവർക്കും സാധിക്കുമോ എന്റെ ജീവിതം എനിക്ക് മാത്രമല്ലേ ജീവിക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഞാൻ എന്തിന് മറ്റുള്ളവരെ നോക്കി എന്റെ സുഖ നിശ്ചയിക്കണം എനിക്ക് എന്താണോ ഉള്ളത് അതിൽ ഞാൻ ആനന്ദമായി ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നു അങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെ സുഖദുഃഖങ്ങളിൽ അനുഭവിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കാൻ സാധിക്കും എന്നിവിടെ കാണിച്ചു തരികയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിന് നോക്കാം ഇനിയുള്ള ഭാഗമാണ് മനോഹരമായിരിക്കുന്ന ഭാഗം ഭരത രഹൂഗണ ഉപദേശം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം